അള്ളാഹു സുബഹാനഹുവ ചായാല വേദഗ്രന്ഥമായി അവതരിപ്പിച്ചത് മറച്ചുവെക്കുകയും അതിനു പകരം തുച്ഛമായ വില വാങ്ങുകയും ചെയ്യുന്നവർ തങ്ങളുടെ വയറ്റിൽ തീയൊഴികെ മറ്റൊന്നും ഭക്ഷിക്കുന്നില്ല പുനരുദ്ധാന നാളിൽ അള്ളാഹുസുബാനഹുവായ അവരോട് സംസാരിക്കുകയില്ല അവരെ ശുദ്ധീകരിക്കുകയുമില്ല അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്